ൂറമു അളവത്തനും നികരത്ത അൻപടയുമാകിയ അല്ലാഹുവൻ തൊരുപ്പയരാണ് തോന്നുക ഇവ കുർണ്ുടേ തെളിവാന വേദത്തുടേ വസനങ്ങളാകും ഇത് മോഹിനികൾക്ക് നേർവഴി കാട്ടിയാൽ നന്മാറായമാകും അവർ എത്തോന്നാൽ അവർ കൊളുകയെ നിലനിർത്തുവടുപ്പ അന്നെയും അവർ മറുപടി മീത് കൊള്ളവു നിശ്ചയമാവർ മറുപടി കൊള്ളവില്ലോ അവലുകള അഴകാ തോന്മാറുതോ അവർ കട്ടി തരുക അത്തേദന ഉണ്ട് മറുപടി അവർ പെരും നഷ്ടമട നബിയേ നിശ്ചയമാക്ക ഞാനമുടയ റ്റും നങ്കു അറിഞ്ഞവരിടും ഉമക്ക് കൊടുക്കപ്പെട്ടുള്ളത് കുടുംബത്താരെ നോക്കി നിശ്ചയമാണു കണ്ടിപറ്റിയെ കൊണ്ടുവരു അല്ലെങ്കിൽ കുളി കാലം പൊരുട്ട് ഉണ്ടാക്കേണ്ടി കൂറിയതായി നബിയേ നിലവു കൂർവീര അവർ അലനടം വന്നപോലെ മീതും അതെ സൂന്തരപ്പവർ മീതും പെൺ ബാക്യം അളിക്കപ്പെട്ടുള്ളത് അഖിലങ്ങൾക്കെല്ലാം റബ്ബാകിയ അല്ലാഹ് മികവും പരിശുദ്ധമായവൻ അഴക്കപ്പെട്ട മൂസാവേ നിശ്ചയമാണേ അല്ലാ െയും മികത്തവൻ ഞാനമിക്കോൺ ഉം കൈത്തളിയെ കീഴേ എറിയും അവർ അതെ എറിയവും അത് പാമ്പുപോൽ നെളിന്തേ അവർ കണ്ടപോലെ തുമ്പി പാർക്കാതെ അതെ വിട്ടു ഓടലാനാ മൂസാവേ ഭയപ്പെടാതിച്ചയൂത എന്നിടത്തിൽ ഭയപ്പെടുക ആയിനും തീങ്കിഴത്തവരെ തവര അത്തും തീമയ ഉണർന്ന് അതെ നന്മയാനാ മാറ്റിക്കൊണ്ടാൽ നിശ്ചയമാന്നിപ്പവനാ മിക്ക കൃവയ ഉടയനാൻ ഇന്നും ഉമ്മയ കയ്യ മർബകമായ സട്ടെ പയിൽ നുഴൈപ്പീരുക അത് ഒളിമിക്കറായി മാസറ്റ വെൺമയം ഇവരു അട്ടാക്ഷികളും അവനുക്കും അവനുടേ സമൂഹത്താർക്കും കാണിക്ക അട്ടാക്ഷികളിൽ ഉള്ളവയും നിശ്ചയമാറായി ഇവ നമ്മുടെ പ്രകാശമാണ് അത്താക്ഷികൾ അവം വന്നപോലും അവർ ഇത് ബഹിരംഗമായ സൂനയമേ ആകും കൂറിനാ അവങ്ങൾ അവരെ ഉം ഉറതി കൊണ്ട പോലും അനിയായമാരുണ്ടും അവർ അവർ ആ വിഷമികളിൽ മുടി എന്നുപതീ കീരുകൂതുമാക്കും കൽവി്ഞാനത്തെ കൊടുത്തോ അതൊക്കെ അവരും പുഴ അനത്തും അല്ലാഹുക്കേ ഉറിയത് അവൻ താൻ മോമിയാണ് തൻ നല്ല അനേകരെവിടെ നമ്മൾ മേന്മയാക്കിന ദാവൂദി വാരിസാന അവർ കൂടിനേ പറവുകളിൽ മൊഴി നമുക്ക് കറ്റിരിക്കൊരു ഏരാളുമായി അളിക്കപ്പെട്ടുള്ള ഇത് തെളിവാന അള്പടയാകും ജിങ്ങൾ മനുതൾ പറവ് ആകിയവറ്റിലും സുലൈമാുക്ക് തരട്ടപ്പെട്ട് അവ എറുംബുകൾ വസിക്കും ഒരു പള്ളത്താക്ക് സമീപമായി അപ്പടോത് എറുംബു മറ്റ എറുംബുമായി നോക്കി എറുംബു നുഴിഞ്ഞ സേനകളും അവർ അറിയാതിരു നിലയിൽ ഉണ്ടെ നശിക്കും പൊരുട്ട് അവറു അപ്പോൾ അതെ കെട്ടു അവർ പുന്നകൈ കൊണ്ട് സിരിട്ട് ഇന്നും മീതും എൻറ്റോർ മീതും പുരി അരുൾ കൊടെകളക്കാ നാം നന്ദിസെലവും നീ പുരി കൊള്ളും വിധത്തിൽ നന്വായാ ഇന്നും ഉൻ കൃവയെ കൊണ്ട് എന്നെ ഉന്നുടേ നല്ലടിയ സേതരുൾൾവായ പ്രാർത്ഥിത്തറവെ പറ്റിയും പരിശീലന പുതുപുതു പറവയെ കാണവില്ലേ എന്ന കാരണം അല്ലത് അത് മറുന്നവർത്തിൽ ആകിവിട്ടതോ എന്ന് കൂറിനാൻ നിശ്ചയമാടുമയാണ് വേദനയെ കൊണ്ട് വേദന ചെയ്ത് അല്ലെ അതിനെ നിശ്ചയമായി അറത്ത് വിടുവേ അല്ല അത് എന്നിടം തെളിവ സമാധാനത്തെ കൊണ്ടുവരവും ഇവർ കൂടി സിവിനേരം താമതി അവർക്ക് പുതുപുതി വന്ന് കൂറിറ്റ് താങ്കൾ അറിയാതെ ഒരു വിഷയത്തെ നാ അറി കൊണ്ടേ സഫാവി ഉറിയാനിയെ കൊണ്ടുവന്നേ നിശ്ചയമാദേശത്തവർ ഒരു പെൺ ആക്ഷി പുരുതായി നാണ്ടേ ഇന്നും അവൽവമ അളിക്കപ്പെട്ടുള്ളത് മകത്താണ് അറിയാസനമും അവളും അവളുടെ സമൂഹത്താകളും അല്ലാതെ അൻപ സൂര്യനുക്ക് നാണ്ടേ അവ തവറ അവ അഴകാ കാണിത്ത് അവരാണ് വഴിയ തടുത്തുള്ള അവ വാനങ്ങളിലും ഭൂമിയും മറന്നിരുന്നവറ്റാക്ക് ഇന്നും മറപ്പതെയും വെളിയാക്ക് അനുഭവുമാകിയ അല്ലാഹുക്ക് അവർ തുജു ചെയ്തു വണങ്ങ വേണ്ടാ അല്ലാഹ് അവനയൻ വണക്കത്തുറിയ നായൻ വേറെ ഇല്ല അവൻ മകത്താണ് ഉയർച്ച ഇവൻപുറ അ അല്ല കൊയ്യുകളിൽ ഒന്നായി നീ ഇരുക്കാ എം വിലവിലേ കണ്ടോ എന്തെൽ അവം ഇതായി പോട്ടുവിടു പിന്ന അവ പിൻവാങ്ങി അവർ എന്നിട്ട് എന്നതെ കവനിൽ കൂറിനാ അവറേ പുതുപുതു ചെയ്തും പ്രമുഖങ്ങളേ മിക്ക കണ്യമുള്ള ഒരു കടിം എന്നിടം പോട ഇത് സുഹൈവാനിടം ഇരുന്ന് വന്നുള്ളത് ഇന്നും ഇത് വഴിപെട്ടവളും എല്ലാവരും ആലോചന കൂടുവീകളിൽ എന്നിടം നേരിടാ കരുത്ത്വരെ നാം എന്തെയും മുടിവ്വൾ അല്ലശാലും കഠിനോട് ഉള്ള ഉത്തരവ് പൊറത്തത് ഉത്തരവിടുവുപറ്റി കവനിക്ക് പാരുങ്ങൾ അവർ അവൾ കൂടിയാൽ അറുകൾ ഒരു നഗരത്തിൽ പടയെടുത്ത് നുഴയ നിശ്ചയമാഴിത്ത് വിടുക അതിലുള്ള കണ്ണിയം ഉള്ളവർ സെരുമെടുത്തി അവർ ചെയ്യാൻ ആകെ നിശ്ചയമാർ അൻപളിപ്പി കൊണ്ട് ചെല്ലും തൂത കൊണ്ട് വരുമ്പോൾ എക്കോകൂതം വന്നപ്പോൾ അവർക്ക് പൊരുള കൊണ്ട് ഉദവി ചെയ്യ നീകളാ അല്ലാക്ക് കൊടുത്തിപ്പത് ഉൻ കൊടുത്തിതവിടെ മേലാണാകും എനും ഉൾപ്പെൻപിപ്പേ കൊണ്ട് നിങ്ങളിഴ്ചി അടുക അവലുകി നാം അവൾ എതിർക്ക മുടമുള്ള ഒരു പെരും പടയെ കൊണ്ടുവരുവോം നാം അവരുമി അവം കൂറിഞ്ഞേ അവർ എന്നവളിൽ അവരുടെ അറിയാസനത്തെ എന്നിടം കൊണ്ടുവരുപത് യാർമാൻ അവർ കേട്ടിൽ ബലം പൊരുണ്ടിയോ ഇപ്രീർ കൂറിറ്റ് എന്താണ് ഉങ്ങളും കൊണ്ടുവന്ന് വിടുവേണ്ട നിശ്ചയ സക്തി ഉള്ളവനാ ഉറത്തു പെട്ടി ഒരു ഉടൻ കണ്ണെ മൂടി തറപ്പതം കൊണ്ടുവന്ന് വിടുകൂരിന അവർമാറേ അത് തമ്മിടം വൈക്കപ്പെട്ടിപ്പണ്ടതും ഇത് എന്നടയാകും നാ നന്ദി അറിതലുടൻ ഇരിക്കുന്നേനാ അല്ല മാറേനാ എന്റെ ഇളവൻ എന്നെ സോദിപ്പും ഇവർക്ക് നന്ദി സെലുത്താനോ അവൻ നന്ദി സെലുത്തത് അവനുക്കേ നന്മയാകും യവൻ നന്തി മറന്ന് മാറാനോ അത് അവനുക്കേ ഇഴപ്പാകും ഏനു എവരിടത്തും തേവ പടാൻ മികവും കണ്യ മിക്കവനാൾ സുലൈമാൻ കൂറിനാ ഇന്നും അവർ കൂറിനാർ അവൾ കണ്ട് അറി അവ അനിയാസനത്തിൻ്റെ കോലത്തെ മാറ്റി വിടുങ്ങൾ അവൾ അത് അറിഞ്ഞുകൊളകളാ അല്ലവീൻ ഒരുക്കിയാകളാ എന്നതെ നാം കവനിപ്പോം ആകെ അവൾ വന്നപോ ഇത് ഉന്നുടേതായ അനിയാസനം പോകാൻ കെട്ടു അതൊക്കെ അവൾ നിശ്ചയമാലേക്ക ഉണ്ടെ പറ്റി ഏകദേശ അറിവിക്കപ്പെട്ട് വിട്ടോ അതിലിരുന്ന് നാങ്കൾ വഴിപെട്ടവർ ആയി വിട്ടോം എന്ന് കൂറിനാൾ മുൻ അവൾ ഈമാൻ കൊള്ളാതെ അവളെ തടുത്തത് അല്ലാതെ അന്തി അവൾ വണങ്ങിക്കൊണ്ടിരുന്നതുതാണ് അപ്പോഴു നിശ്ചയമാ അവൾ കാവൻ സമൂഹത്തിൽ ഉള്ളവളായി പിന്ന അവളം ഇന്നളികൾ പ്രവേശിപ്പീരപ്പെട്ടത് അപ്പോൾ അവൾ അം മാളികരയെ പാർട്ട് അതേ തന്നീർ തടാകം എന്ന് എണ്ണിവിട്ടാൾ എനാ ആനന്ദു പോകാമിരുക്ക അതെ തൻ്റെ കാലുകൾക്ക് മേൽ ഉയർത്താൾ ഇതെ കണ്ുട്ട സുലൈമാൻ അത് നിശ്ചയമാളിങ്ങുകള കട്ടപ്പെട്ട മാളികൾ അതൊക്ക അവൾ ഇവനേ നിശ്ചയമാനക്ക് നാനേ അനുയായം ചെയ്തു കൊണ്ടേ അഖിലങ്ങൾക്ക് എല്ലാം അറബാന അല്ലാഹുക്ക് സുലൈമാനും നാനും മുറ്റിലും വഴിപെട്ട് മുസ്ലിമേൻ കൂറിനാൾ നാം നിശ്ചയമാമൂത് സമൂഹത്താലം അവ സഹോദര സാലികൾ അല്ലാഹെയേ വണങ്ങുങ്ങൾ ബോധിക്ക് അനപ്പിനോ ആനാ അവർ ഇരുപ്രിവിന പ്രിന് തമ്മിടയെ സച്ചലവ് ചെയ്തു കൊള്ളലാണെങ്കിൽ അപ്പോൾ അവർ എല്ലാ സമൂഹത്താലേ നന്മയ്ക്ക് മുന്നാൽ തീമയ്ക്കാൻ ഏൻ അവസരപ്പെടുക തീവ്ര ചെയ്യപ്പെടും പൊരുട്ട് അല്ലാഹുവിടം ചെയ്ത് മന്നിപ്പ് കേട്ട മാറ്റീകളാ ഉപവേയും ദുർചകുണമാണോ അവർ കൂടിയുർച്ചു അല്ലാഹുവിടം സോദനയ്ക്ക് ആക്കപ്പെടും സമൂഹത്താകും അനഗരയിൽ ഒൻപത് മനുഷ്യർന്ന അവർ നന്മ ഏതും ചെയ്യാതെ ഭൂമിയും കുഴപ്പം ചെയ്തു കൊണ്ട് തരിക അവരെയും സാലികയും അവരുടെ കുടുംബത്താരെയും ഇരവോട് ഇരവത്തി വിടുവോം ഇതെ യാരും ചല്പില്ലേ എന്ന് നാം അല്ലാഹുവിൻ മീഡിയ സത്യം ചെയ്തു കൊള്ളുവോമാകും അവരുടെ വാരിദാരം അവർ പഴിക്ക് പള്ളി വാങ്ങവത്താർ അഴിക്കപ്പെട്ടതെ നാൽപ്പണേ ഇല്ല ഉമ്മയ കൂറിവിടലാം സതി അറിയാതെ നമ്മും സൂക്ഷി ചെയ്തോ ആകെ അവർ സൂക്ഷിയും മുടി എന്നുപതേ കവനിപ്പീ അവ സമൂഹത്താർ എല്ലോരെയും നാം അഴിത്തോ ആകെ അവർ അനുയായം ചെയ്തു വന്ന കാരണത്താൽ അഴിന്ന് പോലും അവരുടെ വീട് അതോ പാടുക കിടക്കുന്നതിലേ അറിയ സമൂഹത്താർക്ക് അക്കാക്ഷി കൊണ്ട് അല്ലാഹുവിടം ഭയഭക്തി ഉടയവുകള നാം കാപ്പാറ്റിനോ ലൂത്തെയും നിലവൂർ അവർ തമൂഹത്തൊണ്ടേ മാണക്കേടാനീകളും കൂറിനാ വിവിട്ട് മോഹം കൊണ്ടവുകള ആണുകളെ നെടുങ്കുകാർ അറിവില്ലാ മക്കളാർ അത് അവരുടെ സമുദായത്തവർ തളത്ത കുടുംബത്താരെ ഉൾ വിട്ട് നിങ്ങൾ വെറിയേറ്റി വിടുങ്ങൾ നിശ്ചയമാരിശുദ്ധമായ മനുതരീൻ പരിഹാസിനെ തവര വേറൊരു ബതിലും അവനാൽ നാം അവരെയും അവരുടെ കുടുംബത്താരെയും പാതു കൊണ്ടോ അവരുടെ മനവിയെ തവര ഈമൻ കൊള്ളാമി വിട്ടവരുടെ അവൾ ആകിവിടും നാം വിധി വിട്ടോ ഇന്നും നാം അവർ മീഡിയ കൽമഴ പൊഴിയച്ചോ എച്ച അവരായി എല്ലാ പുഴും അല്ലാഹുക്കേ ഉറിയത് ഇന്നും അവൻ തേർന്നെടുത്ത് കൊണ്ട അവനുടേ സലാം ഉണ്ടാവ അല്ലാഹ് മേലാവനാ അല്ലത് അവർ അവനുക്ക് ഇണയാക്കേല അംഗിയും വാനങ്ങളെയും ഭൂമിയെയും പടത്ത് ഉണത്തിലി മഴയെ ഇറക്കി വെപ്പവൻ യാർ പിന്നെ കൊണ്ട് ഷഴിപ്പാട തോട്ടങ്ങളെ നാം ഉളയ്ക്കോ അത മരങ്ങളെ ഉളക്ക ചെയ്ത് ഉങ്ങളാൽ മുടാ അവക്ക അല്ലാഹുടൻ വേറെ നായൻ ഇരിക്കുന്നില്ല ആയനും അവർ തം കപ്പനങ്ങളെ അല്ലാഹുക്ക് സമമാക്കും മക്കളാകേക്കൂമിയെ വസിക്കത്ത ആക്കിയവനും ആറുകളെ ഉണ്ടാക്കിയവനും അതുകൊണ്ട് അസയാ മലകളെ ഉണ്ടാക്കിയവനും ഇത് കടലുകൾക്ക് ഇടയേ തണ്ടാക്കിയവനും യർ അവനെ അഴൈത്താൽ അവനുക്ക് ബതി കൊടുത്ത് അവൻ തുൻപത്തെ നീക്കപവനും ഉണ്ടെ ഇപ്പൂമിയ തന്നുടേതായ പ്രതിനിധികളായി ആക്കിയവനും യർ അല്ലാഹുടൻ വേറെ നായൻ ഇല്ലേ എനിയും ഇവയെല്ലാം പറ്റി നിങ്ങൾ സിന്ധിച്ച് പാർപ്പത് മിക കുറവേ ആകും കരയിലും കടലിലും ഉള്ള ഇരുളുകളിൽ ഉണ്ടെ നേരം സെലത്തപവൻ യാ തന്നുടേ അരുൾമാറിക്ക് മുൻപേ നന്മാറായം കൂറവനുമായ കാറ്റുകള അനുപ്പി വെപ്പവൻ യുടൻ നായൻ അവർ ഇണയവറ്റവി അവൻ മികവുണവൻ പടൈക്കുപവനും നിങ്ങൾ ഉംയ ആധാരങ്ങളെ കൊണ്ട് വരുമ്പോൾ ഇന്നും കൂടുവീരായി അല്ലാഹ്വേ തവർത്ത് വാനങ്ങളിലും ഭൂമിയും ഇരുപ്പവർ എം മൈവായ അറിയ മാറ്റും മൈത്തോർ ഇരുതിയിൽ എപ്പോൾ എഴുപ്പപ്പെടുവെയും അവർ അറിയ മാറ്റ മരുമയെ പറ്റിയ അവരുടെ അറിവോ മിക കീഴിലേ ഉള്ളത് അവർ അതിൽ പിന്നും സന്തേഹത്തിലേയേക്കത് മറ്റുമാറ്റി അവർ കുരുടുകളും നിരാകരിപ്പവർ കൂടു കൾ മൂതാദയരും മറിച്ച് പുഴകിയാ പോലെ കൊണ്ടുവരപ്പെടുവോ നിശ്ചയമുണ്ടാകലും എങ്ങനെ മുൻസെ പോല എ മൂതാദയരുവാക്കളിക്കപ്പെട്ടേ വരുന്നത് ഇത് മുൻവുകള കട്ടക്കഥൈകളെ അന്തി വേറില്ല പ്രയാണ കുറ്റവാളികളിൽ മുടി എന്നുപറങ്ങുക അവർ കൂടുവീര അവർ കവലപ്പടാീർ അവർ ചെയ്യും സൂഴ്ചിയെ പറ്റിയും നെരുക്കണ്ടാം ഇന്നും ഉമ്മ വേദന പറ്റിയതി എപ്പോഴും നിലവേറും അവർ കേൾക്കാൻ അവസരപ്പെടുമ്പിൽ ഇപ്പോഴേ ഉടുംവിടുവീരുക ഉം ഇറവൻ മനുഷ്യൻ മീതു മിക്ക കൃപയുടയേക്കാൽ അവർ പെരുപാലോർ നന്തി അവദയങ്ങൾ മറത്തു വെത്തും അവർ വെളിപ്പെടുത്തുവ നിശ്ചയമാൻ വിവൻ നനു അറിവാണ് വാനത്തിലും ഭൂമിയും മറന്നുള്ളവറ്റിൽ നിന്നും എവുൽ മഹൂ എന്നും കുറിപ്പേറ്റിൽ പതിവ് ചെയ്യപ്പെടൽ ഇല്ലേ നിശ്ചയമാർ ആ ഇസ്രായലുകൾക്ക് അവർ കരുത്തേറുപാട് കൊണ്ടിരുന്നതിൽ പെരുപാറാ വിവരിത്ത് കൂടു കൂടെ മേലും നിശ്ചയമാേർവഴിയാകും നല്ല അരുളകം ഇരിക്കും നിശ്ചയമാൻ കട്ടലയെ കൊണ്ട് അവർപ്പളിപ്പാൻ അവൻതാൻ മികച്ചവൻ നനു അറിവൻ നബിയേ അല്ലാഹു മീലേ മുറ്റിലും നമ്പിക വെപ്പീരുക നിശ്ചയമാർ തെളിവാണ് ഉമ്മയൻപാൽക്കീർ നിശ്ചയമായ മണിത്തോരെ കേക്കുംപടി ചെയ്യ മുടാ അവവിഡുകളെയും അവർ പുറങ്ങാട്ടി തുമ്പിവിടും പോലും ഉം അഴപ്പുംപടി ചെയ്യ മുടും കുരുടുകളെയും അവരുടെ വഴികേട്ടിലും അകറ്റി നേർവഴിയിൽ നം വസനങ്ങളെ നമ്പുക അവർത്താൻ അവർ ചെയ്യും ഏനും അവർ അവറ്റിലും ഏറ്റക്കൊള്ളവർ അവർ മീതു വേദനയുടേ വാക്ക് നെടുങ്കും പോലും ഒരു പ്രാണിയെ ഭൂമിയവോ അത് നിശ്ചയമായ മനുഷ്യർ യാർ നം വസനങ്ങൾ മീഡിയ ഉറതി കൊള്ളില്ല അവൺപി അവ സമുദായത്തും നം വസനങ്ങളെ കൊയ്പ്പിത്തവർ പ്രിത്ത് ഒരു പടയായി നാം ശേഖരി നാളെ നബിയേർ നിലവൂട്ടവീരാണ് അവർ യാവും വന്നതും വസനങ്ങളെ സൂന്റ് അറിയാത്ത നിലയിൽ അവപ്പിത്ത് കൊണ്ടിരുന്നൊണ്ടിരുന്ന അന്റിയും അവർ ചെയ്തു വന്ന അക്രമത്തിൻ്റെ കാരണത്തിനാൽ അവർ മീത് വേദന പറ്റിയ വാക്ക് ഏർപ്പെട്ടുവിട്ടത് ആകെ അവർ പേശമാകലാമേ ഇറവ അതിൽ അവർ ഓയം പകലെ അവർക്ക് വെളിച്ചമാവും ആക്കിനോം എന്നില്ല നമ്പിക്കെ കൊണ്ട മക്കൾക്ക് നിശ്ചയമാട്ടാക്ഷികൾ ഇരിക്കും സൂറിൽ എക്കാലം ഊരപ്പെടും നാളെ നബിയേ നിലവൂട്ടവീരായി അളിൽ അല്ലാഹ് നാടിയവർ തവര വാനങ്ങളിൽ ഇരുപവുകളും ഭൂമിയവളും ദികട വിടുവീ അണിന്തവുകള അവനടം വരുവാനും മലകളെ പാർട്ട് അവരുപ്പതാ എണ്ണുകേ എനും അന് നാളിൽ അവഗങ്ങളെപ്പോൾ പരന്തോടും ഒവ്ളെയും ഉറിയാക്കി അല്ലാഹുവൻ തരണാലേയേ അവയങ്ക നനു അറിവൻ അന് നാളിൽ എവർ നന്മയെ കൊണ്ടുവരുകാരോ അവർ അതെവിടമേലെയേ പെരുവർ മേലും അത്തയവർ അന് നാളിൽ ദിടുക്കത്തെ വിട്ടും അച്ചം തീർന്നു ഇരുപ്പ എവ തീമയെ കൊണ്ടുവരോ അവഖങ്ങൾ കുപ്പുറ നരക നെടുപ്പിൽ തള്ളപ്പെടും ചെയ്തു കൊണ്ടിരുന്നവർക്ക് അൻ ഈ കൂലി കൊടുക്കപ്പെടുവീ എന്ന് കൂറപ്പെടും അവനെ കണ്ണിയപ്പെടുത്തിയുള്ള ഇപ്പട്ടണത്തിൽ ഇറവൻ ഒരുവനെയേ വണങ്ങുമാറും നിശ്ചയമാ നാ ഏവപ്പെട്ടുള്ള എല്ലാ പൊരുക്കളും അവനുക്കേ ഉറിയനു അവനുക്കേ മുറ്റിലും വഴിപെട്ടവനാബിയും നാ ഏവപ്പെട്ടുള്ളേൻ എൻ്റെ നബിയേർ കൂടുവീരാണ് ഇന്നും കുർഹാന ഓതി വരവും നാട്ടുള്ളേർ നേർവഴിയെ അടുകാരോ അവർ നേർവഴി അടവത് അവർ നന്മക്കേ ആകും അന് എഴി കെടുക്കുകാരോ അവരാണ് നിശ്ചയമാ നാം അച്ചമൂട്ടി എച്ചരിക്കുന്നവീരുക എല്ലാ പുഴും അല്ലാക്ക് അവൻ സീക്കരത്തിൽ ഉണ്ടു തൻ അത്താക്ഷികളെ കാണിപ്പാൾ അപ്പോൾ അവറ്റ അറിഞ്ഞകൊള്ളവീലും ഉമ്മയ ഇറവൻ നിങ്ങൾ ചെയ്തവിട്ടും പരാമുഖമാല്ലേ